നിങ്ങളെനിക്ക് ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവരിക അങ്ങനെ രണ്ടു മലകൾക്കിടയിൽ അവനതു നിരപ്പാക്കിയപ്പോൾ അവൻ പറഞ്ഞു ഊതുക അങ്ങനെ അവൻ അതിനെ അഗ്നിയാക്കിയപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരുക്കിയ ചെമ്പു കൊണ്ടുവരിക ഞാൻ അതിനു മുകളിലൊഴിക്കാം